ചൂടുണ്ടെങ്കിൽ ആ ഫാന ചൂടുണ്ട് പാടില്ല ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട വേണം സ്ത്രീ പാ അവയൊക്കെ ബന്ധുവിനാശിത്വ അത്യാവസ്ഥ ശോക്കും അഭിമുഖങ്ങൾ എന്തുകൊണ്ട് ശോകം വരുന്നത് ാശത്വർത്ഥം ബന്ധു വിനാശം ഉറപ്പാക്കി എന്തായാലും അവരെല്ലാം മരിക്കും ഈ വിധത്തിൽ അതിന് രക്ഷപ്പെടുന്നു ഈ ഇച്ഛയിൽ അർജുനന്റെ ശോഭങ്ങളിൽ െ അർജുനനിലൂടെ ദുഃഖിക്കുന്നത് മാനസിക സംഘർഷം കൊണ്ടാണ് ഭാഷികമായ യുദ്ധം തന്നെ ആ യുദ്ധം ബന്ധുക്കളെ എല്ലാം കൊണ്ടും അത് അർജുനന് ഉറപ്പിച്ച് അതുകൊണ്ടാണ് അതാണ് ശോസ് വിഷാദമാണ് ക്രിസ്മസ് കൊണ്ട് വിഷാദം സജലമാണ് ചാപന്റെ ഉപേക്ഷിക്കാൻ എല്ലാ പറയുന്ന ശ്ലോകം നമുക്ക് പാഠം എങ്ങനെയാണ് ആദ്യ ശ്ലോകം രണ്ടാമത് ആദ്യം എന്താ പറയുക സത്സരം അമ്പ പിന്നെ ഉപേക്ഷിക്കുക പിന്നെ ശ്ലോകം അങ്ങനെയാണ് പാഠം പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്ന ആദ്യം ഉപേക്ഷിച്ചു പിന്നെ ശ്ലോകം എന്നല്ല ശ്ലോകം കൊണ്ട് ഉപേക്ഷിച്ചത് സജ്ജ ശോക സച്ഛൻ സാമ്പം പരിത്തിയാല്ലം ആകുമ്പം പരിത്തിരിക്കുന്നതിന് ഹേതുവാണ് ശോ ശോകം കൊണ്ടാണ് പരിത്തരി വിക്രമ പാഠേ പദ്യത്തിലെന്താവാ പാഠം അതിന് വിപരീതമായിട്ടാണ് ഭാഷ്യത്തിലെ പാഠം അദ്ദേഹത്തിൽ പാടുകളാണ് കാണാം അർത്ഥം അനുസരിച്ചാണ് ശോകം വന്നും അമ്പ പിന്നും ഉപേക്ഷിച്ച് വിക്രമം സംബന്ധിതമാണ് ശോകസമ്മേഖീനമാണ് എന്നുള്ളത് യുദ്ധ യുദ്ധങ്ങൾ യുദ്ധ നിശ്ചയത്തിൽ നിന്ന് അത്യർത്ഥമായി മാറിയ മനസ്സോടുള്ള വളരെ നിശ്ചയത്തോടുകൂടിയാണ് യുദ്ധത്തിൽ വരുന്നത് പക്ഷെ ഇവിടെ ഇതൊരു അത്യർത്ഥം ചരിതമായി യുദ്ധത്തിൽ യുദ്ധ തീരുമാനത്തിൽ അതാണ് സംബന്ധിക്കുന്ന മനസ്സിലെ ഭയചലനയോഗം എന്ന് പറയുന്ന അധ്യാപക ചലനാർത്ഥമുണ്ട് ഭയാർത്ഥമുണ്ട് ഇവിടെ ചലനാർത്ഥം ഭയാർത്ഥം എടുക്കരുതെന്ന് പറഞ്ഞു ഈ ലാഗികന്മാരെ എല്ലാം കണ്ട യുദ്ധത്തിൽ നിന്നും ഭയം പിന്തുണയല്ല അങ്ങനെ അർത്ഥം എടുക്കരുത് ചലനാർത്ഥം മനസ്സിന് ചാഞ്ചല്യം എന്നു മനസ്സിലാക്കുന്നു യുദ്ധ അധ്യവസായ അദ്ദേഹം മനസ്സ് യുദ്ധതീരുമാനത്തിൽ നിന്നും മഹാഭാരത് പല ഭാ സ്ഥലങ്ങളിലും പറയുന്ന ഈ യുദ്ധം എന്ന് പറയുന്ന യാഗം അപ്പോ ആ യാഗത്തിൽ ഹവിസർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്രൃക്ക് സ്രുവം കരങ്ങൾ അതിന്റെ സ്ഥാനങ്ങളാണ് ഇന്നും അതുകൊണ്ട് മഹാഭാരതത്തിൽ അതിനൊരു രൂപകമായി യുദ്ധത്തെ യാഗമായി ചിത്രീകരിക്കുന്നത് കൊണ്ട് പ്രാരങ്കാരികമായിട്ടും ഇവിടെ വേഗാനാവം പറയാനും യുദ്ധം യാഗമാണ് താങ്കൾ പറയാൻ കാരണം യാഗം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായൊരു കർമ്മമാണ് അതുപോലെ ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുമ്പോൾ വളരെ കവിപ്രദമായ കർമ്മങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും യാഗത്തോട് യാഗത്തെ യാഗത്തോട് യുദ്ധത്തോടുകൂടി അപ്പോൾ ദ്രാഹ്മണ ലഗനാണോ സമങ്ങൾ പ്രധാനമായിരിക്കും അതുപോലെ ക്ഷത്രിയന് കുമ്പം പ്രധാനപടി വ്യവസ്ഥയില് നിയമങ്ങൾ അനുസരിച്ചുള്ള അടയോം ചരിത്രം വ്യവസായം യുദ്ധ വിമാനത്തിൽ നിന്ന് മനസ്സിൽ തിരിച്ചതുപോലെ സമരം അധ്വരം സമരമാകുന്ന അധ്വരം യുദ്ധമാകുന്ന യാതൊക്കെ സൃസ്രുവങ്ങളുടെ നെയ്യോ പൊഴിക്കുന്ന കരണ്ടിന്റെയും മറ്റു സ്ഥാനങ്ങളാണ് സകല വിനാമി അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പ്രായോഗ്യായി പലയ പട്ടിണി കിടന്ന് മരിക്കാനും നമ്മൂടെ ആഹാരം കഴിക്കാനും മരിക്കാറുണ്ട് രഥോപസ്തയത്തിലും ഉപസ് എന്ന് പറഞ്ഞാൽ രഥിസ്ഥാന രഥിസ്ഥാനം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനം രഥിസ്ഥ അവിടെ നിന്ന് ഇറങ്ങി തേരാളിയുടെയും രജിയുടെയും ഇടയ്ക്കുള്ള സ്ഥാനം അവിടെ ഉപാവശ്യം അവിടെ ഇരുന്നു യുദ്ധം ചെയ്യാൻ ഇരുന്നു കൊണ്ടല്ല യുദ്ധം ആ സ്ഥാനത്ത് താഴെ ഇരുന്നു ഉപാഷകരങ്ങളാഷുള്ള സഭാൻ മഹാമാസ പത്തൻ ഭാഗ്യായ പത്തൻ രേഖകൾ സഹോദരങ്ങളോടുകൂടി അവരമായി ജഗത്ഗ്രഹ സർമ്മങ്ങൾ നോക്കി അവർ വരുമാനം വളരെ ക്രൂടകർമ്മങ്ങളിലൂടെ തിവെച്ചു കൊല്ലാൻ ശ്രമിക്കുക തുടങ്ങിയ ക്രൂടകർമ്മങ്ങളിലൂടെ പല തവണ വഞ്ചിച്ചിട്ടും പരമകുഷ സഹായിരുന്ന ശ്രീകൃഷ്ണ സഹായത്തോടുകൂടി സഹായങ്ങൾ സഹായത്തോടുകൂടി സ്വയം അനുഷ്യമാണെന്നും അതിയായിട്ടവരായ ക്ഷേത്രത്തിലേക്ക് വന്നവരെ നോക്കിയിട്ട് ബന്ധു സ്നേഹ ബന്ധു സർവകാഘമ ഒരു തരത്തിൽ ഞാൻ ബന്ധ തിറ്റിമുക്കവ എന്ന് പറഞ്ഞിട്ട് ബന്ധു നിസ് ബന്ധുക്കളുടെ വേർപാടുകളിൽ നിന്നുണ്ടാകുന്ന ഉണ്ടായ ശ്ലോക സമിഗ്നമായ നമുക്ക് ഉണ്ടായ ആ ശ്ലോകം കൊണ്ട് സമുഖ്നമായ മനസ്സോർ കുറിയവനായി ഇളങ്ങിയ മനസ്സോർ മുഴുവനായി പ്രസരജിതാവാദ അമ്പത് രഥോ അവസ്ഥ രഥത്തിൽ ആശയം എങ്കിലും ോണ്രമുഖ പ്രമുഖ സേഷം ചുമഷ പേരാണ് സഖി പിന്നെ സാറിന്റെ സഖി സുഹൃത്ത് രണ്ടും പര്യായവിടെ രണ്ടും ആവർത്തിച്ച് പ്രയോഗിച്ചു അതിനാണ് നമ്മുടെ പറയുന്നത് സഖി മയേഴ്സിയാണ് സമൂഹപ്രായക്കാർക്ക് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിട്ടാണ് സഖി എന്ന് പറയുന്നത് സുഹൃത്തു പറഞ്ഞ പ്രായം പ്രശ്നമല്ല പ്രായം പരിഗണിക്കാതെ തന്റെ പിതർ കാണുന്ന എല്ലാവരും സുഹൃത്തുക്കളാണ് ഈ രണ്ട് ശബ്ദങ്ങൾക്കും സാധാരണ പര്യായമായി ഉപയോഗിക്കുമെങ്കിലും ഇവിടെ അർത്ഥവ്യത്യാസമുണ്ട് എന്നാണ് ആ വ്യത്യാസത്തിനായിട്ടാണ് ഈ രണ്ട് സേനകളാണ് അതിൽ തന്നെ പല സേനകളാണ് ഓരോരോ രാജാക്കന്മാരുടെ സേനകൾ വേറെ വേറെ ഈ പറഞ്ഞവരെല്ലാം ഈ എവിടെയെങ്കിലുമൊക്കെ കാണാം ഈ സേനകൾ ലാം സേനായും മലയാളം പ്രായം ഇവരെല്ലാവരും മിക്കവാറുമുണ്ട് കൂടി നിൽക്കുന്നവരെല്ലാം ഒരുക്കമായും സുഹൃത്തുക്കളും ബന്ധങ്ങളുണ്ട് സമീപ അവലോകിക്കാം വിചാരം ചെയ്തിട്ട് ശാസ്ത്രത്തിന്റെ വഴിയും ലോകവ്യവഹാരത്തിന്റെ വഴിയും ചിന്തിച്ചിട്ടാണ് നമുക്ക് ഇവരെയും കൊല്ലുക ബന്ധുക്കളെ കൊല്ലുക ശാസ്ത്രമര്യാദ അനുസരിച്ച് ശരിയല്ല ലോകവ്യവഹാരം അനുസരിച്ചും ഗുരുക്കന്മാരെയും കൊല്ലുന്നത് ശരിയായിരുന്നു ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് എല്ലാം അർജുനന്റെ മനസ്സിലേക്ക് വന്നു ദൂരെ കൊല്ലുന്നതിന് ദൂരം ന്യായീകരണം അനുസരിച്ചും ശാസ്ത്രനീതി അനുസരിച്ചും കൊല്ലുന്നത് ശരിയല്ല എന്നാ അർജുന പക്ഷമ പറയുന്നത് ം അർജുനൻ ഭഗവാൻ പറഞ്ഞാൽ ഞാൻ കൊല്ലത്തില്ല എന്ന നിലപാടുകളൊന്നും മാറി അർജുനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അർജുനെ കൊണ്ട് കൊല്ലിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ പറയും അർജുനൻ കൊല്ലാതിരുന്നന് പക്ഷെ അർജുനെ കൊണ്ടുപോയി വ്യാഖ്യാതാവുന്നില്ല സർവാംഗം അനാഹര കന്ധുക്കൾ വെച്ച് അതാണ് മുഴുവൻ ബന്ധുക്കൾ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ് സർവാ ഇവിടെ വരാൻ പോലും ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ബന്ധുക്കളെയും അവിടെ നിന്ന് മൂന്ന് പേരൊഴുകിയ ആരോഗ്യങ്ങൾ കൃപര് കൃതവർമ്മ അവരെല്ലാം ബന്ധുക്കളാണ് ഈ മൂന്നുപേരെയും മുഴുവൻ പേരെയും ഉള്ളവർ അവരെ മൂന്ന് പേര് കൊല്ലാൻ പറ്റിയില്ല രണ്ടുപേര് ചിരഞ്ജീവികളാണ് കൃപര്ശ്വസ എന്തായാലും കൊല്ലാൻ പറ്റുന്നു കപ്പാന്നെ ജീവിക്കുന്നു കൃതവർമ്മ എന്തായാലും രക്ഷപ്പെട്ടു അപ്പോ ബാക്കിയെല്ലാവരും കൊണ്ടേട്ടി വരുമെന്ന് അതിന് ശാസ്ത്ര വ്യക്തികൾ അനുസരിച്ചും ലോകവ്യവഹാരം അനുസരിച്ചും മനസ്സിലാക്കിയത് സത്യമാണ് മുഴുവൻ പേരും കൊണ്ടേട്ടി അതിന്റെ യുദ്ധത്തിനൊണ്ട് എന്ത് നേടി രാജ്യത്തെ ഭോഗങ്ങൾ സുഖസൗകര്യങ്ങളെല്ലാം നേടി അത് യുദ്ധം കഴിഞ്ഞതിനു ശേഷം എല്ലാം പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും നല്ല വീടെന്ന് പറയുന്ന ദുര്യോധനല്ലേ ഭീമൻ അതങ്കെടുത്ത് എനിക്കിത് വേണമെന്നു അപ്പോ അങ്ങനെ ഓരോരുത്തരും പാണ്ഡവന്മാരും എല്ലാ സൗകര്യങ്ങളും വീടുകളെല്ലാം പങ്കിട്ട് എല്ലാവർക്കും കിട്ടി പക്ഷെ ആർക്കും സന്തോഷമുണ്ടായിരുന്നു യുദ്ധം എന്ന് പറയുന്ന സന്തോഷം കൊണ്ടാണ് എന്തായാലും ഇങ്ങനെയുള്ളൊരു യുദ്ധം കേവലം ശത്രുക്കളെ കൊണ്ടു കാണും ശത്രുക്കളൊന്നും ദിവസമാണ് യുദ്ധത്തിന്റെ ആ ഭീകരതയെക്കുറിച്ചും മഹാഭാരതത്തിനും ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടിയും ബാധിക്കുന്നുണ്ട് മഹാഭാരത് രണ്ടുമുണ്ട് മഹാഭാരതം എന്ന് പറയുന്ന ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു സമാഹാരം യുദ്ധത്തെ അനുകൂലിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ട് യുദ്ധത്തെ എതിർക്കുന്നത് ഏത് വിഷയമെടുത്താലും ശരിക്കും അനുകൂലവും പ്രതികൂലവുമായിട്ട് ഉള്ള ഭാഗങ്ങൾ ഇവിടെയൊക്കെ അഭിനന്ദിച്ച ഭക്തവും ഞാൻ സന്യാസിക്കാൻ പോകണം അപ്പോ ഇവിടെ അർജുനന് സന്യാസത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് ലവങ്ങിയ വൈദ്യുതികളും കത്മവും എല്ലാം എന്താണെന്ന് അവരെ പഠിപ്പിക്കുന്നു ഭിക്ഷ എടുക്കുന്ന എല്ലാം സന്യാസം കാമ്യാണ് കർമ്മണം സന്യാസം അവയവും എന്നൊക്കെ പറഞ്ഞാലും സന്യാസത്തിൽ നിന്ന് കൊണ്ടു നേരം അവിടെ ഹിംസയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അസുഖം ഇത്രയും പേര് കൊന്നുകഴിഞ്ഞിട്ടോ കൊന്നുകഴിഞ്ഞപ്പോ ധർമ്മപുത്രർക്ക് സന്യാസി പറയുന്നത് ഈ കൊറോണ കാലും ജ്യേഷ്ഠനാണോ ധർമ്മപുത്ര ജ്യേഷ്ഠനാണെങ്കിൽ എന്തിനു അവൻ ധർമ്മപുത്തിന് പറയുന്നു ഇനി എനിക്ക് ഒരു വഴിയുള്ളൂ സന്യാസ് ഞാനെന്തായാലും അപേക്ഷ അപ്പൊ ധർമ്മപുതിന് ഇങ്ങനെയാണ് ധർമ്മത്തിന്റെ പേരിലൊരു ധീരനുമാകും ധർമ്മത്തിന്റെ ഒരു ധീരവാകും ഈ ധാർമ്മികളുടെ അങ്ങനെ പെട്ടെന്ന് കോന്തനം പോലെ നിറന്നും ധർമ്മത്തിന്റെ പേരിലൊരു ധൈര്യമായിട്ട് നിൽക്കും പെട്ടെന്ന് എന്തിനും ധർമ്മഭയം ധർമ്മോത്തരവായോട് സന്യസിക്കാൻ അപ്പോ പാണ്ഡവന്മാർ ഓരോരുത്തരായി ധർമ്മോത്തരത്തിന്റെ ഉപദേശിച്ചു എപ്പോഴും ഇങ്ങനെയാണ് ധർമ്മോത്തരാണ് ധർമ്മം എന്ന് അറിയാറുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഭീതിത്വത്തിൽ വരുമ്പം മറ്റുള്ളവരാണ് ധർമ്മോത്തരോശേ അപ്പോ ഓരോരുത്തരായിട്ട് ഉപദേശിച്ചു അപ്പൊ ഈ സന്യസിക്കാൻ പോയ അർജുനൻ ധർമ്മപുത്ര ഉപദേശിക്കുന്നു പണ്ട് താനും സന്യസിക്കാൻ പോയതാണ് ആ കാര്യമൊക്കെ മറന്നിട്ട് ധർമ്മപുത്രം ഉപദേശിക്കുന്നതാണ് ഈ സന്യാസത്തെ കുറിച്ചുള്ള ദോഷങ്ങൾ അവിടെ അർജുനൻ ധർമ്മപുത്രനോട് പറയുന്നുണ്ട് ഈ സന്യാസം എന്ന് പറഞ്ഞു ഈ തല മുട്ടയടിക്കുന്നത് ഇത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ പറയുന്നത് പണം സമ്പാദിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസം ഞങ്ങൾ രാജാവാണ് നിങ്ങൾ ഇവർക്കൊക്കെ പണം കൊടുക്കുന്നയാളാണ് എല്ലാവർക്കും ദാനം ചെയ്യുന്നതാണ് എല്ലാം സ്വീകരിക്കേണ്ടി വരും അപ്പോൾ സന്യാസം പറ്റിയൊരു കാര്യമല്ല ക്ഷത്രിയന്മാർക്ക് കാരണം അവർ രാജ്യമൊക്കെ പിടിച്ചെടുക്കുക ദാനം ചെയ്തവരാണ് ഇപ്പൊ സന്യാസത്തെ ഒരുപാട് ആക്ഷപിച്ചിരുന്നു അർജുനന്റെ അപ്പൊ ഇവിടെ ഇപ്പൊ സന്യാസിക്കാൻ പോകുന്നതാണ് അവിടെ ചെന്നിപ്പോ അതെല്ലാം മറന്നു പിന്നെ ഇവിടെ അർജുനനെ സന്യാസത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഭഗവാനിന്റെ കൈ വ്യക്തികൾ മറഞ്ഞു ആ ഒരു കാര്യവും അവിടെ പറയുന്നില്ല സന്യാസത്തിൽ നിന്ന് ജ്യേഷ്ണെ പിൻചലപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞു ഒരു കാര്യം പറയുന്നില്ല ഒരു തത്വവും പറയുന്നില്ല അവിടെ പറയുന്നതല്ല എന്താണ് ക്ഷത്രിയത്തിൻ്റെ മഹത്വം ക്ഷാത്രധർമ്മവും സന്യാസവും പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ് അതാൾക്കാർ പറ്റിക്കുന്ന തട്ടിക്കുന്ന ഒരു കാര്യമാണ് സന്യാസത്തെ അധികം എന്നിട്ടും ധർമ്മപൂർത്തകളിൽ വാശീലിക്കുന്നുണ്ട് ഞാൻ സന്ദേശിക്കുന്നു അങ്ങനെ വാശീലിക്കുമ്പോൾ പിന്നെ അവസാനം കൃഷ്ണനെ കൊണ്ടുവന്ന് ഉപദേശിക്കും കൃഷ്ണൻ വന്നിട്ട് പറയുകയാണ് ധർമ്മത്തിൽ പോയി ആശ്വാസം കൃഷ്ണനെ കൊണ്ടുവന്ന് ഉപദേശിക്കുമ്പോൾ ധർമ്മത്തിനും പിന്നെ കണ്ടപ്പത്തന്നെ അഞ്ചന്മാലെന്ന ഉപദേശത്ത് ശരിയാകും പിന്നീട് ആളെ വിഷ്ണൻ കൂട്ടിക്കൊണ്ട് അവിടെ പോകുന്നത് സരസ്വരിയിൽപ്പെടുന്ന ഭീഷ്മന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചാതുർവർണ്ണി ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ ഉപദേശിക്കുന്നു ചാതുർവർണ്ണയ ധർമ്മമാണ് ചാദർവർണ്ണയത്തിൽ വരുന്ന അതിന്റെ അകത്ത് ധർമ്മങ്ങളാണ് നമ്മുടെ ഉപദേശിക്കുന്നത് ഒരുപാട് പ്രദേശങ്ങളും അവിടെ ഇതുപോലെ തന്നെ ഉപദേശിക്കുന്നതെല്ലാം എല്ലാടേയും പരസ്പര വിരുദ്ധമായി അപ്പൊ അവിടെ പറയുന്നിടത്ത് ഇപ്പോ നമ്മള് സാധാരണ കേട്ടിട്ടുള്ളൊരു കാര്യം പറയുന്നത് ജലകല്യ ജലകല് പിന്നെ രാജ്യം ഭരിച്ചു തൊഞ്ജാനായിരുന്നു രാജ്യം ഭരിച്ചു എന്ന് പറയുന്നുണ്ട് മഹാഭാരതം എന്ന് പറയുന്നത് ഈ ജനകനും ഒരിക്കൽ സഞ്ചരിച്ചയാളാണ് ധർമ്മപുട്ട് ധർമ്മപുട്ടെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി പറയുന്നു ജനകൻ പറഞ്ഞാൽ ഒരു പിടിയവം മാത്രം കഴിച്ച് ഞാൻ ജീവിക്കും തപസ് ശന്ധിയാണ് എനിക്ക് വേണ്ട ഒന്നും ഇപ്പൊ ജനകന്റെ ഭാര്യയ്ക്ക് കുറച്ച് വിവരമുണ്ടായിരുന്നു ഭാര്യ പ്രദേശം ഇയാളെ കാണിക്കുന്ന വെറും മണ്ടത്ത അവിടെയും സന്യാസത്തെ കുറച്ച് എന്നിട്ട് പറയും ആരോ ഇത്രയും സൗഭാഗ്യങ്ങളോടുകൂടിയിരിക്കുമ്പോൾ വേറെ തത്വജ്ഞാനൊന്നുമല്ല ലോകനീതിയെ കുറിച്ച് ലൗകികളൊക്കെ ഇതൊക്കെ കളഞ്ഞു പോകുന്ന മട്ടത്തിലുള്ള രാജ്യത്ത് തന്നെ എന്തു പറയുമ്പോൾ ചെയ്യുന്നു ഭാര്യ പറയുന്നതൊന്നും പൊതുവെ അങ്ങനെ നേടും പോയോ ഭാര്യ അറിഞ്ഞിട്ട് നേടാന്ന് പറയും അത്രയോ അത് കേട്ടപ്പോ ജനകന്റെ മനസ്സ് മാറിയാണ് പിന്നെ ജനകൻ എങ്ങനെ ജ്ഞാനം നേടിയെന്നു പറയുന്നില്ല എന്തായാലും ജനകൻ സന്ദർശിക്കാൻ സന്യാസം ഉപേക്ഷിച്ചു എന്ന് ധർമ്മപുക്തരെ ഉപദേശിച്ചു എന്തായാലും ശ്രീകൃഷ്ണന്റെ ഉപദേശവും പിന്നീട് സന്യാസത്തിൽ എങ്ങനെ മാറുന്നു ഭീഷ്മൻ ഉപദേശിക്കുന്നു സാധാരണ ധർമ്മത്തിൽ ക്ഷാത്രധർമ്മ ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ കിടക്കുന്ന രാജ്യം ഭരിക്കുക പ്രജകളെ സംരക്ഷിക്കുക ഇതൊക്കെയാണ് ചക്രീര സന്യാസമല്ല എന്ന് പറഞ്ഞിട്ട് സന്യാസത്തിൽ നിന്ന് ഭീഷ്മരുടെ ഉപദേശം കേട്ടാണ് പൂർണ്ണമായും വേദിയത് സമാധാനം പഴയ ഭീഷ്മർക്ക് ഒരുപാട് ഉപദേശിച്ചിരുന്നു അതിനകത്ത് പല പല പല ഗീതകളും ആത്മീയോപദേശങ്ങളുമുണ്ട് പക്ഷെ ഗീതയിലുള്ളതുപോലെ തെളിഞ്ഞ ആത്മീയോപദേശവും ആത്മീയോപദേശങ്ങളുണ്ട് കൂടുതലും ചാതകമറിയാണ് എനിക്ക് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ പിന്നീട് ധർമ്മം ഉത്തരം പെടുന്നുണ്ട് അവിടെ ഈ വരണധർമ്മങ്ങൾ മഹാഭാരതമായി പറയുന്നത് ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ധർമ്മം ഇതാണ് ക്ഷത്രധർമ്മ അത് ക്ഷത്രിന്റെ ധർമ്മം പറയുമ്പോൾ ക്ഷത്രിന്റെ ഒരു മുഖ്യമായ ധർമ്മമായി പറയുന്നത് അവിടെ മഹാഭാരതം ബ്രാഹ്മണനെ സംരക്ഷിക്കാം അതാണ് ആദ്യം ചെയ്യാൻ ബ്രാഹ്മണനെ സംരക്ഷിക്കുക എന്താ കാരണം പറയാൻ കാരണം ക്ഷത്രിയന്റെ ധർമ്മം ബ്രാഹ്മണനെ സംരക്ഷിക്കുക എന്ന് പറയാൻ എന്താ കാരണം എന്താ അങ്ങനെ പറയാൻ ബ്രാഹ്മണനെടുത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ബ്രാഹ്മണൻ ഏതെങ്കിലും കയറുന്ന പൈസ എവിടെയെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചില്ല മോഷ്ടിക്കാമെന്ന് ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ പാടില്ല അതിന്റെ ശിക്ഷ രാജാവിന് കൊടുക്കും എന്നാണ് രാജാവ് ശിക്ഷിക്കും എന്റെ ബ്രാഹ്മണൻ മാഷ്ട്രാ ഇതാണ് യാതൊരു പറഞ്ഞു ചെറിയ അതായത് എന്താ വളർത്തും ആ വ്യവസ്ഥയ്ക്ക് എന്താശ്വരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മഹാവിഭാഗത്തിൽ പറയുന്നത് പിന്നെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് രാജാവിന് പരമശുവിനോടുകൂടി സൂര്യന് സന്യസിക്കാം എന്ന് സൂര്യന്റെ സന്യാസത്തിന് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേർഭാഗത്ത് പറയുന്നത് എന്താണ് കരികാലത്തിന്റെ പ്രത്യേകം സൂത്രന്മാര് സന്യസിച്ചിട്ട് സന്യാസം കൊണ്ട് ജീവിക്കും അതാണ് കരികാലത്തിന്റെ അടയാളം എന്നാണ് ഞാൻ ഇടയ്ക്കിടയിൽ സൂത്ര സന്യാസിമാരെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മഹാഭാരതം പറയുന്ന സൂത്രന്മാരെല്ലാം സന്യസിച്ചിട്ട് എന്തെയും സന്യാസം കൊണ്ട് ജീവിക്കുക അതാണ് കരികാലത്തിന്റെ അടയാളം എന്നിട്ട് പറഞ്ഞ് ജീവിതത്തിന് സന്യസിക്കർവാക സന്യാസിയെ കുറിച്ചും പറയും സന്യാസിയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും രണ്ടും ഏത് കാര്യം പറഞ്ഞാലും ശരി മഹാഭാരത്യങ്ങൾ ഒരു ഭാഗത്ത് അനുകൂലം പറഞ്ഞാൽ വേറൊരു ഭാഗത്ത് പ്രതികൂലം പറഞ്ഞു അത് മഹാഭാരതത്തിൽ പ്രത്യേകത്തേക്ക് അപ്പോ മൊത്തത്തിൽ പറയുക എന്താണ് ക്ഷത്രിയൻ ബാക്കിയുള്ള എല്ലാ ചാദപുണ്ണയങ്ങളും മഹാഭാരതത്തിൽ നിങ്ങൾ ശാന്തിപൂർവം വായിച്ചു വായിക്കുന്ന പോലെ നിങ്ങളൊന്ന് വായിക്കാൻ മനസ്സൊന്നും മലയാളത്തിൽ പറയുന്നത് മനുഷ്യരുടെ എല്ലാം ധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ ചോദിക്കുകയാണ് അത് ലോകത്ത് നടപ്പിലാകെ നിലനിർത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട സൂത്രൻ ഒരു കാരണവെച്ചാലും ധനം സമ്പാദിക്കാൻ പാടില്ല പിന്നെ സൂത്ര എവിടെയെങ്കിലും ധനം ഉണ്ടായാലും അത് ബ്രാഹ്മണനെ ദാനം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ സന്ദേശമാണ് ഇത് മഹാഭാരതത്തിൽ ശാന്തി പർവത്തിൽ പറയുന്നത് ഇതാണ് ഭയങ്കര വലിയ അറിവില്ല നിറം കൂടാണെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ ധർമ്മം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് ധർമ്മം എന്ന് പറയുന്ന ആൾക്കാർ ചോദ്യം ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ് സനാതനധർമ്മമെന്ന് പറയുമ്പോൾ ആൾക്കാരെ അതിനെ എതിർക്കുകയും അത് തെറ്റാണെന്ന് പറയും അത് ശരിയാണെന്ന് പറയും അതിനെതിരായ ആൾക്കാർ ചെയ്യുന്ന മഹാഭാഗ്യ ധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർഗീയ ധർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം അതിനകത്തു വരുന്ന ഇതാണ് എന്താ ജൈത മൂല്യങ്ങളും മറ്റെല്ലാ ധർമ്മങ്ങളും സത്യവിധീദയാണി എന്നെല്ലാം പറയുന്നത് ഈ ചാതുർ ഈ നാല് ജാതികൾ ഉടൻ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ധർമ്മം നാല് ജാതികൾക്കും എൻ്റെ പേരെയാണ് സൂത്രൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ് മഹാഭാരതം പറയുന്നത് പല ജാതികളാണ് പ്രത്യേകം പറയുന്നത് എന്താണോ ആശാരി കടി പണി ചെയ്യുന്നത് സൂത്രനാണ് നൂല് വസ്ത്രം ചെയ്യുന്നു സൂത്രനാണ് പാത്രം ഉണ്ടാകുന്ന ഒരു സൂചന എന്തെല്ലാം അധ്വാനിക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങളോ ജോലി ചെയ്യുന്നവർക്ക് അതെല്ലാം ശുക്രന്മാരണോ അതാണ് ശാന്തി പ്രവൃത്തി പറയുന്നത് ഇങ്ങനെ അധ്വാനിക്കുന്നവര് അങ്ങനെ അവര് അവര് ധനം ഒരു കാരണവശാലും സമ്പാദിക്കാൻ പാടില്ല സമ്പാദിച്ചാൽ അവരെന്ത് ചെയ്യും മേൽജാതിക്കാരെ അവര് സമ്പത്ത് കൊണ്ടെത്തുന്നു അതുകൊണ്ടാണ് ചോദിക്കാൻ പാടില്ല ഇതൊക്കെ ആരോഗ്യമാണ് ഇതൊക്കെ ക്ഷത്രിയെന്നു ചോദിക്കാൻ ഇതാണ് ധർമ്മം നിലനിർത്തുക എന്ന് പറയുന്നത് ഇതൊക്കെഴിഞ്ഞു വെച്ചാലാണ് അന്നത്തെ ബ്രാഹ്മണൻ ഇന്നത്തെ ബ്രാഹ്മണർ അസ്വസ്ഥരാകൻ ഞാൻ അതിനെ കുറിച്ച് അല്ല പറയുന്നത് അന്നത്തെ ബ്രാഹ്മണൻ കഴിഞ്ഞുവെച്ചു മഹാഭാരതത്തിൽ തന്നെ ഞാൻ പറയുകയാണ് അപ്പോ ഈ സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഇത് വായിച്ചിട്ടുള്ള ആർക്കാണെങ്കിലും എതിർക്കും അതാണ് എതിർപ്പ് വരുന്നത് ഇത് അറിയാവുന്നവരെ എതിർക്കുന്നത് സ്വാഭാവികമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ജനാധിപത്യത്തിൽ ആരെങ്കിലും അത് പറയാതിരിക്കും അത് പറയാതിരിക്കും എന്താണ് നല്ലത് മാറ്റി വയ്ക്കാൻ പറ്റും പറ്റത്തില്ല അതിനെന്ത അതാണ് വരുന്നു പിന്നെ ഇതൊന്നും വായിക്കാത്ത ആൾക്കാർ എന്തൊന്നും മനസ്സിലാക്കാതെ കൈയടി ധർമ്മം ധർമ്മം എന്ന് വെച്ചാൽ മനസ്സിലും എന്തോ പറ്റിയ നല്ല കാര്യം അവർ പറഞ്ഞ ധർമ്മം എന്ന് അധർമ്മം എന്താണെങ്കിൽ മഹാഭാരതം വായിച്ചിട്ടുണ്ട് ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ക്ഷത്രിയന്റെ ധർമ്മത്തെ കുറിച്ച് പറയും ഇപ്പൊ ശത്രു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ശക്തനാണെങ്കിൽ ക്ഷത്രിയന്റെ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതുണ്ട് അവരുടെ വിളകളെല്ലാം തീട്ട് നശിപ്പിക്കണം നെൽപ്പാടങ്ങൾ എന്തിന് സെക്രട്ടറിയായ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അത് എല്ലാം നശിപ്പിക്കുന്നു പിന്നെ അവര് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചിലകെട്ടിടുകയും അതൊക്കെ പൊട്ടിച്ചു കൊടുത്തു അങ്ങനെ ആ രാജ്യത്തെ തളർത്തിയിട്ട് പിന്നെ ഒരുപാട് കൂടതന്ത്രങ്ങളും ഒരുപാട് രഹികളും വഞ്ചനകളും ഇതെല്ലാം ഭീഷ്മരേ നിരക്ക് വഹിച്ച് ഇങ്ങനെയൊക്കെയാണ് ആക്രമണം നടത്തേണ്ടത് അവിടെ യാതൊരു ധർമ്മവുമില്ല ഇത് ക്ഷത്രിയന്റെ ധർമ്മമായിട്ടാണ് പറയുന്നത് ഇതേ മഹാഭാരത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ് ധർമ്മയുദ്ധത്തെ കുറിച്ചാണ് ധർമ്മയുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത് യുദ്ധം എന്ന് പറയുമ്പോൾ അവിടെ യുദ്ധം ചെയ്യുന്ന ശത്രുവിന്റെ ലാണും കൂട്ടിപ്പോയിക്കഴിഞ്ഞു എന്നെ അവിടെ യുദ്ധം ചെയ്തിരുന്നത് രഥത്തിന്റെ ചക്ര ഓടിക്കു പോയാൽ പിന്നെ യുദ്ധം ചെയ്യുന്നത് മുറവും പറ്റിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്തത് ഇതും പറയും അപ്പൊ നേരെയെന്ന് ഇങ്ങനെ വൈവിധ്യമായ കാര്യങ്ങൾ പറയും അപ്പൊ പിന്നെ ധർമ്മയോദ അധർമ്മയോദങ്ങനെ തീരുമാനിക്കും എങ്ങനെയാണ് തീരുമാനിക്കും രണ്ടും പറയും ധർമ്മയുദ്ധത്തിൽ നിന്നോ മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ഒരു ധർമ്മവുദ്ധ അവസാന യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ധർമ്മയുദ്ധത്തിൽ നിന്ന് കരയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ യുദ്ധത്തിൽ അധർമ്മം പ്രവർത്തിച്ച് ചതിയിലൂടെ തന്നെയാണ് വേഷ്മരെയും ദ്രോണനെയും ഭൂരിശ്രമത്തിൽ എല്ലാം ഞാനാണ് അതൊക്കെ ജയിച്ചത് എന്നും പറയും അപ്പൊ എന്തിനു പറയൂ ജയിക്കാൻ വരെ വഴിയും ജയിൽ ഇവരെ കെട്ടിയിരിക്കാൻ ഇതെല്ലാം ചതിയിലൂടെ പോയില്ല അതുകൊണ്ടാണ് അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു ഇവരുടെ ധർമ്മയുദ്ധ വീട്ടിൽ ഉപദേശിക്കുന്നു യുദ്ധത്തിൽ ധർമ്മം നടക്കുക യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അവിടെ ധർമ്മം അവിടെ അധർമ്മമുണ്ട് യുദ്ധം ചെയ്തിട്ട് പിന്നെ ധർമ്മം നടപ്പിലാക്കാൻ നടക്കുന്ന കാര്യമില്ല അപ്പൊ അവിടെ നല്ല യുദ്ധം ഒഴിവാക്കാൻ പിന്നെ മഹാഭാരതം എന്ന് പറയുന്ന യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് യുദ്ധം നടന്ന അപ്പോ യുദ്ധം ഒഴിവാക്കുന്നത് വരെ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക അതല്ലാതെ യുദ്ധം ചെയ്തിട്ട് പിന്നെ ധർമ്മയുദ്ധം അങ്ങനെ ഒരു യുദ്ധമില്ല അത് ഇങ്ങനെ ഉപദേശിച്ചു തോന്നുന്നു നടക്കില്ലാത്ത കൃഷ്ണൻ തന്നെ പറയും ഇവരാരെയും കൊണ്ടാൻ പറ്റുമ്പോൾ താഴ്ച്ചാദ്യം വയ്ക്കുക അത് ആ പറയുന്നത് ദുര്യോധനെ സതിയിലൂടെ പോകുന്ന കാര്യം ആ കാര്യം പറയുമ്പോഴാണ് ഇപ്പം ധർമ്മപുഖർ എന്ന കാര്യം അവനെ സഹോദരനാണ് എന്ന് പറയുന്നത് ധർമ്മപുത്രം തരത്തിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കറിഞ്ഞുകൊണ്ടേ അവനെങ്ങനെ കൊണ്ടും ശരിയായില്ല എന്നുള്ള കൃഷ്ണൻ പറയുന്നത് ഇതെല്ലാം ഒരു വഴിയില്ല നമുക്ക് യുദ്ധം ചെയ്യിക്കണമെങ്കിൽ ഇത്തരം ചതികൾ ചെയ്തേ അല്ലാതെ വരെ ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിൽ താൻ ചെയ്യുന്നത് എന്നാഭാരതം തേടി വെച്ചിരിക്കുന്നു പിന്നെ യുദ്ധത്തിൽ ധർമ്മയുദ്ധം എന്ന് പറയുന്നതിന് എന്താണ് പിന്നെ അധർമ്മം എന്ന് പറയുന്നതിന് എന്താണ് അതാണ് ഇങ്ങനെ ധർമ്മസങ്കടം വരുമ്പോഴെല്ലാം മഹാഭാരത് പലതവണ ആവർത്തിക്കുന്ന ധർമ്മസ്ഥേ രക്തം ഇതൊക്കെ അത് മനസ്സിലാക്കാൻ പ്രയാസം മനസ്സിലാക്കുക വളരെ പ്രയാസം പക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അതല്ല ഇത് മഹാഭാരത കാര്യമാണ് ഞാൻ പറഞ്ഞു എന്താണ് രീതി എന്നുള്ളത് എപ്പോഴും അത് നിർവചിക്കുന്നു എപ്പോഴും പരിഷ്കരിക്കുന്നു അത് നടപ്പിലാക്കുന്ന സംവിധാനം പഴയകാലത്ത് ഇതിന് പളിച്ചു വളർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാരണം അന്ന് നടപ്പിലാക്കുന്നത് രാജാവാണ് ഒരു വ്യക്തിയാണ് നീതി ഇളക്കാർ അവിടെയാണ് നീതി എന്തെന്ന് നിർണയിക്കുന്ന ഒരു ജാതിയാണ് നീതി നടപ്പിലാക്കും മറ്റൊരു ജാതി ജാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വരുന്നിടത്താണ് ഈ ധർമ്മത്തിന്റെ കാര്യം വലിയ ആശയവർക്കുന്നത് ഇന്ന് ജാതികളുടെ ധർമ്മമാണ് നടക്കേണ്ടത് അതുകൊണ്ട് പഴയകാലത്തെ അപേക്ഷിച്ച് പൂർണ്ണമായിട്ടുണ്ട് ഇന്ന് നീതി കുറച്ചുകൂടി വ്യക്തമാണ് പൂർണ്ണമായ നീതി നടക്കേണ്ടതുണ്ട് മഹാഭാരതകാലം അപേക്ഷിച്ച് പോകുമ്പോൾ എങ്കിലും നീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാണ് ആ രീതി നടക്കുന്നില്ലെന്നല്ല പക്ഷെ ഈ ഇവർ പറയുന്ന പോലുള്ള കുറച്ചുകൂടി വ്യക്തമായ മോചനങ്ങളും വ്യക്തമായ അതിൻ്റെ പ്രയോഗവും ഇന്നത്തെ സമൂഹത്തിനുണ്ട് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ മഹാഭാരതമൊക്കെ ഉപയോഗിച്ചു വെച്ചത് ആ ഒരു കാര്യത്തിൽ അവിടെ അതിൻ്റെ ധർമ്മമൊന്നും ഒക്കൊണ്ടുവരേണ്ട കാലം കാര്യമൊന്നുമില്ല ഇത് എങ്ങനെയാണെങ്കിൽ പഴഞ്ഞു പണിയൊരു സമയം എല്ലാം ജാതിയുടെ അടിച്ചാൽ തീരുമാനിക്കുമ്പോൾ ധർമ്മം തന്നെ ചെയ്യും മഹാഭാരതങ്ങൾ വായിക്കാം നിഷ്പക്ഷമായി വായിക്കാം എന്തെങ്കിലും രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം എന്താണ് ഇതിന് അഴിഞ്ഞിരിക്കുന്ന നമുക്ക് അനുകൂലമായ നമ്മൾ മടക്കി വയ്ക്കരുത് മുമ്പോട്ട് പോയി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ശാന്തിപൂർവം ഒറ്റ ഇരിക്കുന്ന മുമ്പ് വായിച്ചിട്ടുള്ളതാണ് ഈ ശാന്തിപൂർവം എങ്കിലും കാരണം പറയുന്നതിന് അവധം വരാൻ പാടില്ല വയസ്സായി ഓണം വെച്ചുകൊണ്ട് നിങ്ങൾ അവധം പറഞ്ഞില്ല അതുകൊണ്ട് ഒരു കാലവശാലും അതിന്റെ ആശയങ്ങളോട് നമുക്ക് ഇന്നത്തെ സമൂഹത്തിന് പൊരുത്തപ്പെടാനേ പറ്റില്ല കാരണം എന്ത് നന്മ പറഞ്ഞാലും ശരിയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയാനെങ്കിലും സ്വീകരിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് യാതൊരുപയോഗവും ഇവിടെ അധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു മഹാഭാരതത്തിന്റെയും ധർമ്മമാണോ മനസ്സിലാക്ക ഇന്ത്യൻ ധർമ്മങ്ങളെന്ന് വായിച്ചു നോക്കിയാൽ കുറെയൊക്കെ മനസ്സിലാക്കണം കുറെ പ്രദുഷ കുലസ്ത്രീഷുഷ്ട ആ ഭാഗത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അധർമ്മഭിവാഷ്ണ പ്രദുഷ്യ കുലസ്ത്രീ സ്ത്രീഷു ദുഷ്ടാസുവാഷ്ണേ ജായവേ മനസ്സു യുദ്ധത്തിന്റെ ഈ ദോഷത്തെ കുറിച്ച് പറയുക അപ്പൊ അധർമ്മം കൊണ്ടു അധർമ്മം കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആചാര്യം വേഖാതിരിക്കുന്നത് അധർമ്മം മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു മനസ്സിൽ അധർമ്മ വിചാരങ്ങൾ ഉണ്ടാകുന്നു ഇത് സ്ത്രീകളെ കുറിച്ച് പറയുന്നു അധർമ്മ വിഭവ പ്രതിഷ്ഠിൻ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കുലസ്ത്രീ എന്ന് പറയുന്ന കുറയുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷം അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗീത പ്രവചനം നടത്തുന്ന സ്വാമിമാല കാര്യം പ്രധാനമായും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാഷ കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ മണിപ്രവാളത്തിലേ പറയും സാധാരണ ജനങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടുത്ത പദങ്ങളോട് ചേർത്ത ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഇവരെ സംസാരിക്കില്ല അപ്പം ഇവരുടെ ഈ മന്ദബുദ്ധികളായ കുറെ അനുയായികളുണ്ട് അവര് ഇത് ഭയങ്കര എന്തോ സംഭവമാണ് കാരണം അവർക്ക് മനസ്സിലാകത്തില്ല സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലാണെങ്കിൽ അവർക്ക് വിപരീത ബുദ്ധിയുണ്ടാവും അപ്പൊ മനുഷ്യരിൽ ഒരാളായി മാറണമെങ്കിൽ അവരുടെ ഭാഷയെ സംസാരിച്ചത് എവിടെയാണ് നമ്മൾ സ്വയം തന്നെ നമ്മൾ ഒരുപാട് വ്യതിരക്തതയുള്ളവരും പുറമേ ഉള്ളവർ നമ്മൾ ആത്മീയക്കാരും നമ്മൾ നിശിദ്ധന്മാരും അവരശുദ്ധന്മാരും എന്നൊക്കെയാണെങ്കിലും ഈ വർഗം വിചാരിക്കുന്നു അതോടെ കൊണ്ടാണ് ഇവർ ആഢ്യഭാഷ പക്ഷെ എനിക്ക് നിങ്ങളോട് ആഢ്യഭാഷ പറയുന്നത് നിങ്ങളുടെ സംസ്കൃതമൊക്കെ പഠിച്ചവരാണ് ആഢ്യരാണ് പൊതുജനങ്ങളുടെ മുമ്പ് പോയി അത് പറയരുത് അവിടെ സാധാരണ മലയാളം പത്രത്തിൽ വായിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അപ്പൊ കുലസ്ത്രീന്നൊന്ന് വന്നു കഴിഞ്ഞാൽ എന്താ കുലസ്ത്രീന്ന് പ്രയോഗിച്ചത് എന്നുകൂടെ വിശദമാങ്ങിക്കൊടുക്കണം കുലസ്ത്രീ കുലശ്രീ എന്ന് പറഞ്ഞു എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളാണ് കുല സ്ത്രീന്ന് പറയുന്നത് അപ്പൊ സ്ത്രീകളിൽ രണ്ട് തരത്തിലുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ സാമാന്യ സ്ത്രീകളും കുല സ്ത്രീകളും ഇവിടെ പറയുന്നത് എന്താണ് കുല സ്ത്രീകളുടെ ദോഷം അപ്പൊ മേൽജാതിക്കാരുടെ സ്ത്രീകളുടെ ദോഷം അതാണ് ഇവിടെ പറയുന്നത് അർത്ഥത്തെ സ്വീകരിച്ചിട്ടാണ് ഇവര് ഈ കുലസ്ത്രീ പ്രയോഗത്തിൽ അത് ഈ ശബരിമല സ്വരൂപങ്ങളെ പറ്റി ഒരുപാട് പ്രചരിച്ചിരുന്നു ഈ പ്രൊഫൈലുകളൊക്കെ നോക്കുന്നവർക്കറിയാം വളരെ പ്രചാരണം ആക്ഷേപഹാസ്യമായിട്ട് ഒരുപാട് പറയാം ഞങ്ങളുടെ ആരും പുലസ്ത്രീകളല്ല എന്റെ പുലസ്ത്രീലെന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളും അല്ലാതെ ഒരു കാളിന്ന ജാതിപ്പെട്ട സ്ത്രീകളും പറയുന്ന ഒരു കാഴ്ചപ്പാട് വ്യാപകമായിട്ട് അത് വ്യാഖ്യാനത്തിന്റെ ഒരു ദോഷം തന്നെയാണ് അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് കുല സ്ത്രീകൾക്ക് മാത്രമല്ല ദോഷം വരുന്നത് എല്ലാ സ്ത്രീകൾക്കും അത് ദോഷമാണ് അപ്പൊ ജാതികമാണ് പക്ഷേ ഇന്ത്യ കാലത്ത് ഇതിനു കുറച്ച് സാങ്കേത്യം ഉണ്ടുദ്ധത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ക്ഷത്രിയന്മാരാണ് അല്ലാത്തവരൊന്നും കടുത്തിരുന്നു മഹാഭാരത യുദ്ധത്തിൽ ക്ഷത്രിയു മാത്രമാണ് പക്ഷേ ഭൂരിപക്ഷം ക്ഷത്രിയാണ് മലയാളാളികളും സുഹൃത്തുക്കൾ സഹികൾ ബന്ധുക്കൾ അപ്പൻ പൂപ്പന്മാരൻ എന്നൊക്കെ പറയുമ്പോൾ ക്ഷത്രിയനാണ് കൂടുതൽ മരിക്കുന്നതിന്റെ വേദയാണ് അപ്പോ അല്ലാത്തവര് മക്കളത്ത് നോക്കുമ്പോൾ മഹാഭാരതം നോക്കുമ്പോൾ മറ്റു വംശക്തിപ്പെട്ട പക്ഷെ അവര് പോരാളികളാണ് അപ്പൊ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ശരിയാണ് കൂടുതലും മരിക്കുന്ന ക്ഷത്രീയന്മാരാണ് അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ക്ഷത്രിയന്മാര് മരിക്കുന്ന ഭാര്യമാര് വിധവളാണ് വിധവളാവുമ്പോൾ അവരൊക്കെ ക്രമേണം പരപുരുഷന്മാരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ പറയുന്നത് അത് ഒരു കാലത്തിന്റെ ഒരടയാളമായിട്ട് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ യുദ്ധത്തിന്റെ നാശം എന്ന് പറയുന്ന എല്ലാ സ്ത്രീകൾക്കും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ഇസ്രായേലിനാകുന്ന ബുദ്ധിമുട്ടും അവിടെ സ്ത്രീകളാണ് സ്ത്രീകളെയാണ് പ്രത്യേകിച്ചത് അപ്പൊ അവിടെ ജാതി നോക്കിയിട്ട് പോലെ ഒരു ജാതിപ്പെട്ടവർക്ക് പ്രത്യേക കഷ്ടപ്പാടാക്കണമെന്നു സ്ത്രീ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമായും ക്ഷത്രിയ സ്ത്രീകളും ഉദ്ദേശിച്ചതിനാണ് അന്നത്തെ ദിവസനുസരിച്ച് ക്ഷത്രിയെന്ന് പറയുന്ന മേൽജാതികൾ യുദ്ധത്തിന് പോകാത്ത സാധാരണ ആൾക്കാർ യുദ്ധം എല്ലാവരും ബാധിക്കും സാധാരണക്കാരനും ബാധിക്കും അതിന് ജാതി വ്യത്യാസമില്ല അപ്പൊ ഈ ഒരു പ്രയോഗം ഒരുപാട് ആക്ഷേപിക്കാനിടയായിരുന്നു അത് ഒരു കാലത്തിന് പ്രയോഗമെന്ന് മനസ്സിലാക്കിയില്ല അത് ആക്ഷേപിക്കേണ്ട കാര്യമില്ല അന്നങ്ങനെ ആയിരുന്നു അന്നത്തെ വ്യവസ്ഥ അതായിരുന്നു ഇന്നത്തെ വ്യവസ്ഥ അതുകൊണ്ട് ഇതൊക്കെ പറയുന്നു അധർമ്മം കീഴ്പ്പെടുത്തുന്നു മനസ്സിലക്കപ്പെടുത്തുന്നു പ്രതിഷ്ഠന്തി പിന്നീട് പറയുന്നു പ്രദൃഷ്യന്തി പുലസ്ഥിത എന്ന് പറഞ്ഞാൽ അവര് കായികൂക്കി അവര് വ്യഭിചാരികളായി മാറും എന്നാണ് ശരിക്കും പറഞ്ഞത് എൻ്റെ പുരുഷന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞു നീന്തൊരു ദോഷമാണ് എന്ന് പറയുന്നത് എന്റെ ആധാര ജീവിതത്തിൽ ക്ഷത്രിയന്മാരെല്ലാം മരിച്ചു ഓരോമാർ ദൂർത്തത്തില് എത്ര പേരുണ്ടാവും എത്ര ലക്ഷമണിയാണ് പതിനൊന്നാണ് എത്രയേ എന്തായാലും മൂന്ന് പേരെ ശേഷിച്ചുള്ളൂ ബാക്കിയെല്ലാം ദശിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകളും നശിച്ച് ഈ പറഞ്ഞ ആപത്തവിടെ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ ആ ധർമ്മം ലയിച്ച് ധർമ്മത്തിനവിടെ ജയമാണ് ഈ പറഞ്ഞ ആപത്തേ തന്നെ അവിടെ സംഭവിച്ച ഇത് ചരിത്രവരൻ കഥയാണ് അതിശോക്തികളാണ് കഥയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ യുദ്ധത്തിന്റെ കടുതി എന്ന് പറഞ്ഞത് അർജുനം പറഞ്ഞത് സത്യമാണ് അത് അത് സംഭവിക്കും പിന്നെ തത്വ ഉപദേശിച്ചിട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവൻ ആത്മബോധം അത് ശരിയാണ് ആ തത്വം കേൾക്കുന്നവന് ദുഃഖം അത് ശരിയാണ് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പരാജയം സമൂഹത്തിനതുകൊണ്ട് യാത്ര യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് കാരണം ആത്മോപദേശം വേണമെങ്കിലും കേൾക്കുന്ന ഒരാളും ഭഗവാൻ ഉപദേശിച്ചു അർജുനൻ കേട്ടു അർജുനന്റെ ഭാഷകളെന്ന് പറയുന്ന ആളുകൾ ശോകമോഹങ്ങളെല്ലാം മാറി അർജുനൻ നഷ്ടവും മോഹസ്മൃതന്റെ അധ്വാദം അർജുനന്റെ ജ്ഞാനോലയപ്പോ കുഴപ്പമില്ല ഈ പറയുന്ന ആളുകൾ സ്ത്രീകളെ സൂക്ഷിക്കുക സമൂഹം മുഴുവൻ യുദ്ധത്തിന്റെ കൃഷികളെ അവർക്കൊക്കെ ഇതു കൊണ്ടെന്ന് ഗുണമുണ്ടായി അർജുനന് ഞാനോണ്ടായിരുന്നു ആവശ്യം നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇതുകൊണ്ടാകുന്ന നാശം നാശം തന്നെ അതിന് തത്വജ്ഞാനൊരു പരിഹാരമില്ല തത്വജ്ഞാനോന്നു ഇപ്പോൾ വ്യക്തിക്കേ പരിഹാരം ഏതൊരു വ്യക്തിയാണോ എന്ന് കേൾക്കുന്ന ആ വ്യക്തി എന്റെ ദുഃഖങ്ങളെല്ലാം തത്വജ്ഞാനങ്ങൾ നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ ദുഃഖം അതുകൊണ്ട് മാറത്തില്ല അത് പരിഹരിക്കപ്പെടേണ്ട വിഷയം കൊണ്ട് വിജയം അവിടെ ഗീതോപദേശം സ്ഥലത്താകുന്നു പിന്നെ യുദ്ധത്തിലൂടെ ധർമ്മത്തെ നിലനിർത്താനും പറ്റത്തില്ല യുദ്ധം തന്നെ അധർമ്മം സ്വീകരിക്കുന്നു കാരണം യുദ്ധം ജയിക്കാനുള്ളതാണ് യുദ്ധത്തിൽ ധർമ്മം ഒരിക്കലും സാധിക്കുന്നതായിരിക്കും ഒരു കാലഘട്ടത്തിന് സാധിക്കുന്നു അത് കൃഷ്ണന് സാധിച്ചിട്ടില്ല രാമന് സാധിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ രാമൻ എന്ത് ഒളിച്ചു നിന്ന് വന്നത് അത് ഭീഷ്മനുപദേശിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചതിയിലൂടെ ഒരാളെയും കൊണ്ടരുത് യുദ്ധത്തിന്റെ ധർമ്മയെ പറ്റി രാമൻ പൊളിച്ചതെന്ന് വന്നു അപ്പൊ എവിടെയല്ല അപ്പൊ യുദ്ധത്തിന് സാധിക്കുന്നത് കാരണം അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തനാളുകൾ അവനെ എങ്ങനെയും കൊണ്ടുക ജയിക്കുക പിന്നെ യുദ്ധാനന്തരം യുദ്ധത്തിന് ശേഷം സംഭവിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു അതേ സംഭവിച്ചു അത്രയും വലിയ നാശം ഉണ്ടാകുന്നു ഇല്ലാതെ നമുക്ക് അപ്പൊ യുദ്ധത്തിനെതിരെ ഒരു ന്യായീകരണം ഇപ്പോ ഒരു മോശം പരിപാടിയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിനെതിരായ ചിന്തകളാണ് രണ്ടാമത്തെ അധ്യായത്തിൽ കൃത്യമായും പറയും അധ്യായം പറയുന്നത് ആദ്യം പറയും അർജുനന്റെ സുഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട പിന്നീട് പറയും അർജുനന് യുദ്ധത്തിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ട അങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കാണുന്നു ഇതെല്ലാം ഒരു കാലത്തേക്ക് യോജിച്ച കാര്യമാണ് ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ നീതി യുദ്ധത്തിന്റെ അഭാവം വരണ്ട് ഇത് ഇന്നത്തെ അനീതി അന്നത്തെ നീതി മനസ്സിലാക്കിയ പ്രശ്നമുണ്ട് സഞ്ചിവാചാകൃഷ്ടം അസപ്പൂർണാക്ഷണം ശ്രീഭഗവാൻ വായു തസ്വാസം മാത്സമോ ക്ഷിത്രം തൃത്ഷ്ട എവവും ദിവേ പാപേ കുയസ്സൗസിക്ഷിപ്പ തോകശോകം അവിദ്യുത്സേതം പരലോകുരോധം അകീർത്തികരം അധിക്ഷിപ്തം വകേദോർബം പരിത്യജ്യുദ്ധാരത്ഷഭഗവാൻ ഇവിടെ വ്യാഖ്യാനത്തിൽ യാതൊരു കൃത്രിമത്വവും എന്താണോ ശ്ലോകം ഉള്ളത് അത് അതുപോലെ തന്നെ എഴുതി വെച്ചിരുന്നു കാരണം ശ്ലോകത്തിലുള്ളതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതാൻ പറ്റും ഇവിടെ ഈ ഭാഗം പറയുന്നു മറ്റ് സിദ്ധാന്തത്തെ കുറിച്ച് എന്തൊക്കെ കാരണം ശ്ലോകം വളരെ സ്പഷ്ടമാണ് ടുത്ത സംസ്കൃതമാണ് അത് വലിയ കളിത്തമൊന്നും കാണിക്കാൻ പറ്റും യുദ്ധം ചെയ്യുന്നതിന് തയ്യാറാവുമോ എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനെ യുദ്ധം ചെയ്യാൻ പ്രേരി അതായിരുന്നു കുറച്ചുകൂടെ കോട്ടി രൂപം വ്യക്തമായി വേണ്ട പറയുന്നു എന്നാ അവരുടെ ആവശ്യയെക്കുറിച്ച് അല്ല പറയുന്നു